ഫിർ ആവിന്റെ കുടുംബത്തിൽപ്പെട്ട തന്റെ വിശ്വാസം മറച്ചുവെച്ചിരുന്നൊരു വിശ്വാസി പറഞ്ഞു തൻറെ രക്ഷിതാവ് അള്ളാഹുസുബഹാനുഹുവറ്റായ ആണെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളൊരാളെ കൊല്ലുകയാണോ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ അദ്ദേഹം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ അദ്ദേഹം കളവു പറയുന്നവനാണെങ്കിൽ ആ കളവ് അദ്ദേഹത്തിന് തന്നെയാകും അദ്ദേഹം സത്യവാനാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് സംഭവിക്കും തീർച്ചയായും അതിരുകടന്നവനും കളവു പറയുന്നവനുമായ ഒരാളെ അള്ളാഹു സുബഹാനുഹുവറ്റായ ആല നേർവഴിയിലാക്കില്ല